ാമത്തിനും മഹത്വമുണ്ടാവട്ടെ മാസത്തിൻ്റെ അവസാനത്ത് ഞായറാഴ്ച വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം എന്ന പൽക്കാലം മൂന്നാഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ യുവാക്കളുടെ മീറ്റിങ്ങിൽ നാം ചിന്തിച്ചതായ ഒരു വേദപുസ്തക ഭാഗമുണ്ട് അത് ഒന്നി ഓഹനാൻ നാലാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമായിരുന്നല്ലോ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു ഇന്ന് എനിക്കും പങ്കുവെക്കാനുള്ളത് സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒപ്പം എൻ്റെ ജീവിതത്തിൽ എന്നെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിച്ചതും എന്നെ ദൈവം നടത്തിക്കൊണ്ടു ആ ഒരു ഒരു വചനഭാഗമാണ് സ്നേഹത്തെ സംബന്ധിച്ചുള്ള ഒരു വചനഭാഗമാണെന്ന് നിങ്ങളുമായിട്ടും പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നാം വായിച്ച ഈ ഒന്ന് യോഹന്ന നാല് പറയുന്നു അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് നാം സ്നേഹിക്കുന്നു അല്ലേ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയാം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്ന അത് അറിഞ്ഞുവെന്നല്ല അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നാം ഓരോ ദിവസവും അറിയുന്ന നമുക്കോരോരുത്തർക്കും അറിയാം നമ്മളെന്തായിരുന്നു നമ്മളേതവസ്ഥയിൽ നിന്നാണ് ദൈവം വിളിച്ചുകൊണ്ട് വന്നത് എന്ന് നാം റോമർ കെഴുതിയ ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് നാം വായിക്കുമ്പോൾ ആ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു ക്രിസ്തുവോ നാം പാവികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം നാം ഒന്നും ചെയ്തിട്ടോ നാമ ദൈവത്തെ പ്രസാദിപ്പിച്ച് നടന്നതുകൊണ്ടോ ഒന്നുമല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത് നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചതാണ് അതുപോലെ എഫേഷ്യ ലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ ലോകസ്ഥാപനത്തിന് മുന്നുമേ അവൻ നമ്മെ ഓരോരുത്തരെയും ക്രിസ്തു വേഷി അപ്പോൾ അവൻ്റെ സ്നേഹം നാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുന്നുമേ നമ്മോടുള്ളതാണ് ഇന്നും നാം അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നമ്മൾ അനുഭവിക്കുന്നു അത് മനസ്സിലാക്കുന്നു എങ്ങനെ മനസ്സിലാക്കുന്നു ഞാനത് മനസ്സിലാക്കുന്നത് നാം ദൈവോചനം കേൾക്കുമ്പോൾ അസഹോദരങ്ങളിലൂടെ ദൈവം ആ തെറ്റിനെ ബോധ്യപ്പെടുത്തി തരികയും അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് ദൈവം ആ സഹോദരങ്ങളിലൂടെ പ്രബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ സഹോദരനല്ല ദൈവമേ നീ എന്നെ എത്രയധികം സ്നേഹിക്കുന്നു എൻ്റെ ഹൃദയത്തിലൊരു കുറവ് വന്നാൽ അത് അപ്പോൾ തന്നെ ദൈവം സംസാരിക്കുന്നു സഹോദരങ്ങളിലൂടെ അവിടെ ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു ഞാൻ നഷ്ടപ്പെട്ടു പോകരുത് ഞാൻ പിതാവിൻ്റെ അടുത്തിൽ ചെല്ലണം അതിനെ നീ മാറ്റിക്കളയുക എന്നവൻ്റെ സ്നേഹത്തിൽ നിന്നാണ് അവൻ എന്നോട് സംസാരിക്കുന്നത് എന്നുള്ള ആ ഓരോ ദിവസവും ആ സ്നേഹത്തെ ഞാൻ രുചിച്ചറിയുകയാണ് അപ്പഴുമുള്ളവരെ ഇന്നത്തെ എൻ്റെ എൻ്റെ എൻ്റെ ഹൃദയത്തിൽ എന്നെ വെല്ലുവിളിക്കുന്ന എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് റോമർ പതിമൂന്നിൻ്റെ എട്ടാമത്തെ വാക്യമാണ് അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടം പെട്ടിരിക്കരുത് അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായ നിവർത്തിച്ചിരിക്കുന്നല്ലോ റോമർ പതിമൂന്നിൻ്റെ എട്ടാമത്തെ വാക്യമാണ് അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടം പെട്ടിരിക്കരുത് പ്രിയമുള്ളവരെ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല നാം ഒരു കടക്കാരനായിരിക്കണം എന്നുള്ളത് അല്ലേ നമ്മുടെ ഹൃദയത്തിൽ ഒരു കടം അല്ലെ നമ്മൾ ആരോടെങ്കിലും നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ഭാരമാണത് ആ കടം എത്രയും വേഗം അതൊന്ന് വീട്ടിൽ തീർക്കണം ആ എങ്കിലേ നമുക്ക് ഹൃദയത്തിൽ ഒരു സ്വസ്ഥത വരികയുള്ളൂ അല്ലേ പലപ്പോഴും എൻ്റെ ജീവിതത്തിലും എനിക്കതുണ്ടായിട്ടുണ്ട് അത് വീട്ടിൽ തീർക്കുമ്പോൾ ഒരു മനസ്സിനൊരാശ്വാസം ലഭിക്കും കാരണം അതെപ്പോഴും ഒരു ഭാരമാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവവചനവും അതുതന്നെയാണ് പറയുന്നത് ആരോടും ഒന്നും കടം പെട്ടിരിക്കരുത് നമുക്കെന്തെങ്കിലും കടമുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയും നാം അത് വേഗത്തിൽ തീർക്കണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെയും ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ ദൈവം ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ കടക്കാരനായിരിക്കണം എന്ന നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്നേഹിക്കുന്നതല്ലാതെ അപ്പോൾ ഈ സ്നേഹമെന്നുള്ളത് എപ്പോഴും ഒരു കടമായിട്ട് ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു കടം എന്നെപ്പോഴും ഒരു ഭാരമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എൻ്റെ സഹോദരനെ ഞാൻ സ്നേഹിക്കേണ്ടവനാണ് കാരണം എന്താണ് ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു അത് ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടല്ല ദൈവം എന്നെ സ്നേഹിച്ചത് ഞാൻ ഭാവിയായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ സ്നേഹിച്ചു അപ്പോൾ നമുക്ക് നമ്മളുമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് എന്നാൽ നമ്മെ വിഷമിപ്പിക്കുകയോ വാക്കിനാലോ പ്രവൃത്തിയാലോ ഒക്കെ നമ്മളോട് പോരാടുന്ന വ്യക്തിത്വങ്ങളോട് അല്ലെങ്കിൽ പോരാടുമ്പോൾ പോരാടപ്പെടുമ്പോൾ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് നമ്മുടെ മനസ്സിൽ വളരെ പാടുവരും പക്ഷെ അവിടെയാണ് ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചത് ദൈവം നമ്മൾ ദൈവത്തെ വിഷമിപ്പിച്ചു പക്ഷെ ദൈവം നമ്മളെ ഒരിക്കലും സ്നേഹിക്കാതിരുന്നില്ല അപ്പോൾ ആരെന്തു ചെയ്താലും നാമും സ്നേഹിപ്പാൻ കടം പെട്ടവരാണ് അവരെ വെറുക്കുവാൻ ദൈവം പറഞ്ഞിട്ടില്ല അവരെ സ്നേഹിക്കണമെന്ന് തന്നെയാണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചത് പ്രിയമുള്ളവരെ ഞാനിതിനോട് ചേർത്തൊരു വചനം കൂടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ് നാം വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് പ്പോൾ ആയിരിക്കുന്നത് അത് രണ്ട് തിമോത്തിഒസിന് പൗലോസ് എഴുതിയ ലേഖനം സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ ത്രീ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷ്ണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ടിക്കാരും നികളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക പ്രിയമുള്ളവരെ സ്നേഹം ദൈവം പറയുന്നു നാം സ്നേഹത്തിന് എപ്പോഴും കടമ്പിട്ടിരിക്കണം എന്ന് പറയുന്നു എന്നാൽ അന്ത്യകാലത്തിൽ നാം കാണുന്ന ഒരു ലക്ഷണം അല്ലെങ്കിൽ കാണിച്ചു തരുന്ന ഒരു ലക്ഷണം മനുഷ്യർ സ്വസ്നേഹികളായിത്തീരും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ എന്നെ വെല്ലുവിളിക്കുന്ന ഒരു വേദപുസ്തക ഭാഗവും ഇത് തന്നെയാണ് ഒന്ന് കടമ്പെട്ടിരിക്കുക സഹോദരനോട് രണ്ട് ഞാനൊരു സ്വസ്നേഹിയാണോ എന്നെ തന്നെ ശോധന ചെയ്ത് നോക്കുവാൻ എൻ്റെ ഹൃദയം എന്നെപ്പോഴും വെല്ലുവിളിക്കും കാരണം ഈ ഓരോ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും സ്വസ്നേഹം വർദ്ധിച്ചു വരുന്നു സ്നേഹമാണോ സ്നേഹമാണ് എന്നാൽ ആ സ്നേഹം അത് നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുന്നു ഞാൻ എൻ്റെ കുടുംബം എൻ്റെ മക്കൾ ആ ഒരു നിലയിലേക്ക് നമ്മുടെ സ്നേഹം മാറിപ്പോകുന്നുണ്ടോ കർത്താവ് നമ്മെ സ്നേഹിച്ചത് കർത്താവ് അവൻ്റെ കുടുംബത്തെ മാത്രമല്ല സ്നേഹിച്ചത് കർത്താവ് എല്ലാവരെയും സ്നേഹിച്ചു എന്നെയും നിങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും കർത്താവ് സ്നേഹിക്കുന്നു നാമും അതുപോലെ സ്നേഹിപ്പാൻ കടപ്പെട്ടവരാണ് ഈ സ്നേഹത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ ഒന്ന് കോറിയന്ത്യർ പതിമൂന്നാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ നമുക്ക് മറ്റെന്തൊക്കെ വരങ്ങളുണ്ടെങ്കിലും നമുക്ക് സ്നേഹമില്ലെങ്കിൽ നമ്മൾ ഒന്നും എന്നാണ് ദിവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ നാം വായിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആ സ്നേഹമുള്ള ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ആ സ്നേഹത്തിന് നികളമില്ല വമ്പു അവിടെ വഴക്കില്ല അവിടെ അസുഖിയില്ല പിണക്കമില്ല അതൊന്നുമില്ല എന്നാണ് നാം ഒന്ന് കോറിയന്ത്യർ പതിമൂന്നിൽ സ്നേഹത്തെക്കുറിച്ചുള്ള ആ ആ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നാം കാണുന്നത് എന്നാൽ ഈ രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിൽ ഈ സ്വസ്നേഹത്തെക്കുറിച്ച് നമ്മൾ കാണുന്നിടത്ത് നാം വായി അതിൻ്റെ താഴേക്ക് വായിക്കുന്നതൊക്കെയും സ്നേഹം ഇല്ലാത്തടത്തുണ്ടാകുന്ന ചില ഫലങ്ങളാണ് നാം അവിടെ കാണുന്നത് സ്നേഹത്തിൻ്റെ ഫലങ്ങൾ പകയോ പിണക്കമോ വിദ്വേഷമോ അശുദ്ധമായ ചിന്തകളോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു നല്ല ഫലങ്ങളാണ് സ്നേഹത്തിൻ്റെ ഫലങ്ങളായിട്ട് കാണുന്നത് എന്നാൽ അതിന് നേരെ ഈ അന്തികാലത്തിലെ ലക്ഷണമായ സ്വസ്നേഹത്തിൽ കടന്നു വരുന്നത് അപ്രിയമുള്ളവരെ ഗലാത്തി ലേഖനത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പോലോസൊപ്പസ്തോലിന് എഴുതുമ്പോൾ അവിടെ ആ അതിനകത്ത് പറയുന്നു ആത്മാവിൻ്റെ ഫലമോ അഞ്ചാം അധ്യായം ഗലാധ്യർ അഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞാണ് അവിടെ സ്നേഹത്തിലാണ് തുടങ്ങുന്നത് ഈ ഫലം എന്ന് അവിടെ ഒൻപത് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അത് ഫലങ്ങൾ എന്നല്ല അത് ഫലമോ എന്നാണ് പറയുന്നത് ഏകവചനത്തിലാണത് പറഞ്ഞിരിക്കുന്നത് ഞാൻ അത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ആദ്യത്തെ ഫലമാണ് സ്നേഹം ആ സ്നേഹമുണ്ടെങ്കിൽ തുടർന്നു വരുന്ന ബാക്കി എട്ട് ഫലങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് കാരണം സ്നേഹമുള്ള സന്തോഷമുള്ളത് സന്തോഷമുള്ള അടുത്താണ് സമാധാനമുള്ളത് സ്നേഹമുള്ള ദീർഘക്ഷമയുള്ളത് സ്നേഹമുള്ള അടുത്താണ് അല്ലേ സ്നേഹമുള്ളടത്താണ് പരോപകാരമുള്ളത് നാം വായിക്കുമ്പോൾ ഇതെല്ലാം സ്നേഹം കൊറേന്തീർ ഒന്ന് കൊറേന്തീർ പതിമൂന്നാം അധ്യായവും ഈ വാക്യങ്ങളും വായിക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്നതാണ് ബാക്കിയായിട്ടുള്ള എല്ലാ ഫലങ്ങളും എന്നാൽ രണ്ട് തിമോത്യോസ് മൂന്നാം അധ്യായത്തിൽ സ്വസ്നേഹികൾക്ക് ഉള്ള ഒരു വ്യക്തിയിൽ ഉളവാകുന്ന ഫലങ്ങൾ അവിടെ കാണാൻ പറ്റും ദ്രവ്യാഗ്രഹിയായിരിക്കും കാരണം തനിക്ക് തന്നെ പണം ഉണ്ടാകുക തൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക പണം അത് കൊടുക്കുന്നവനല്ല പകരം അതിനെ കൂടുതൽ നേടുന്നവനായിരിക്കും ദ്രവ്യാഗ്രഹി വമ്പു പറയുക തന്നെക്കുറിച്ച് തന്നെ മറ്റുള്ളവരോട് പുകഴ്ത്തിപ്പറയുക ഇതൊക്കെ സ്വസ്നേഹത്തിൽ നിന്നും ഉളവാകുന്ന കാര്യങ്ങളാണ് പ്രേമുള്ളവരെ അത് മുഴുവൻ വിശദീകരിക്കാനുള്ള സമയമില്ലല്ലോ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ ഈ അന്ത്യകാലത്ത് ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന ഫലമായ സ്നേഹത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ സ്നേഹം ഉളവാകുന്നുണ്ടോ അതോ ഞാനൊരു സ്വസ്നേഹിയായിത്തീരുന്നുണ്ടോ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കണം എന്നെ വെല്ലുവിളിക്കുന്നതും ഇതുതന്നെയാണ് ഞാൻ സ്നേഹത്തിന് കടം പെട്ടിരിക്കുന്നു എൻ്റെ അവസാന ശ്വാസം വരെയും ഓരോ സഹോദരനോടും അവനെ സ്നേഹിപ്പാൻ ഞാൻ കടം കാരണം എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് ഞാൻ ദൈവത്തിന് ഉപകാരം ചെയ്തതുകൊണ്ടല്ല പകരം ഞാൻ ദൈവത്തെ ദോഷിക്കുന്നവനായിട്ടും ദൈവം സ്നേഹിച്ചു അതുകൊണ്ടും ിക്കണമെന്നാണ് ദൈവം പറയുന്നത് കടം പെട്ടിരിക്കണം എന്നും നാം കടം പെട്ടിരിക്കണം പ്രിയമുള്ളവരെ റോമർ പതിമൂന്നിൻ്റെ എട്ട് ഒരിക്കൽ കൂടി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടും ഒന്നും കടം അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ ഇവിടെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നു അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നല്ലോ പ്രിയമുള്ളവരെ മതായുടെ സുവിശേഷത്തിൽ നാം നോക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ അധ്യായം മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ പരീഷന്മാരിൽ ഒരു വൈദികൻ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കവിടെ കാണുവാൻ സാധിക്കും അതിൻ്റെ മുപ്പത്തിയാറാം വാക്യം ഇങ്ങനെ പറയുന്നു ഗുരു ന്യായ പ്രമാണത്തിൽ കൽപ്പന വലിയത് എന്ന് ചോദിച്ചു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം പ്രിയമുള്ളവരെ സ്നേഹത്തിന് നാം മറ്റുള്ളവരോട് കടക്കാരനായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് എത്രമാത്രം സ്നേഹമുണ്ടോ അത്രമാത്രം നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാനായിട്ട് സാധിക്കും ആദ്യം നമുക്കുണ്ടാകേണ്ടത് ദൈവത്തോടുള്ള സ്നേഹമാണ് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് കഴിയും നമുക്കറിയാം യോഹനാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ പതിനാലാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയുക ദൈവത്തെ സ്നേഹിപ്പാൻ മറ്റൊരു മാർഗം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല പതിനാലാമധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് ദൈവവചനം നമ്മളോട് പറയുന്ന ഒരു ഒരേ ഒരു മാർഗം നാം അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോഴാണ് യഥാർത്ഥമായി നാം ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ ഒന്നി ഓഹന്നാൻ്റെ ലേഖനത്തിലും യോഹനാൻ അത് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നിയോഹന്നാൻ അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിന് മൂന്നാമത്തെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം അപ്പോൾ മറ്റൊരു സഹോദരനോട് സ്നേഹത്തിൽ ഞാൻ കടപ്പെട്ടവനായിരിക്കണം ഞാൻ സ്നേഹിപ്പാൻ ബാധ്യത ഉള്ളവനാണ് സഹോദരനോട് എന്നുള്ള ആ ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നമുക്കാദ്യമേ ദൈവത്തോട് ആ ഒരു ബന്ധവും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം പ്രിയമുള്ളവരെ നാം ആദ്യം അതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹിക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കുക അതോടുകൂടെ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും അപ്പോൾ ഒന്നാമത്തതും വലിയതുമായ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് പൂർണ്ണതയാണ് ഭാഗികമായിട്ടുള്ള ഒരു സ്നേഹമല്ല ഇന്ന് പല വിഷയങ്ങളും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ചിന്തകളെയും വലിച്ചു കൊണ്ടുപോകുമ്പോൾ പകുതി സമയം ദൈവത്തെയും പകുതി സമയം ലോകത്തിലുമായിട്ട് ആ സ്നേഹത്തെ നാം പകർത്തു കൊടുക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ നൂറ് ശതമാനമാണ് ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തിന് കൊടുക്കേണ്ടതെന്നാണ് ദൈവം പറയുന്നത് അതൊന്നാമത്തതും വലിയതുമായ കൽപ്പന അതിനോട് സമമാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം ഇതിനു കൂടുതൽ ഉത്സാഹിക്കണം കാലം അടുക്കും തോറും ഈ ലോകം ദൈവമക്കൾക്ക് പ്രയാസവും കഠിനവുമായൊരു ജീവിതം അതിലേക്ക് നാം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മുന്നറിയിപ്പുകളും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൈവിക സ്നേഹത്തിലും നാം ഈ ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരേണ്ടവരാണ് എന്നുള്ള ഒരു ബോധ്യമാണ് ദൈവമെൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത പ്രിയമുള്ളവരെ ഇന്ന് നാം ഇത് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവമേ എനിക്ക് അങ്ങനെ സ്നേഹിപ്പാൻ ആ ദൈവത്തിൻ്റെ ആ ആഴത്തിലുള്ള സ്നേഹം എനിക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല എന്നൊരു ഭാരം ഒരിക്കലും നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാനിടയാവരുത് കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ദൈവം നമ്മൾക്ക് നമ്മളെ ദൈവത്തിൻ്റെ വഴികളെ ഉപദേശിച്ച് തന്നുകൊണ്ട് ഓരോ ദിവസവും വഴി ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ ഇതിനൊക്കെ ഉള്ള ഒരു പോക്ക് വഴികളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നാം എന്ത് ചെയ്യണം നമ്മുടെ സ്നേഹം വർദ്ധിക്കുവാനായിട്ട് ഈ സ്നേഹം വർദ്ധിക്കുവാനായിട്ട് എന്ത് ചെയ്യണം ദൈവം ഇതിൽ ചില കാര്യങ്ങൾ നമുക്കതിലും പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം നാം ഇപ്പോൾ ചിന്തിച്ച വിഷയം തന്നെയാണ് നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ ശ്രദ്ധയോടുകൂടെ കാൽച്ചുകൂടുകൾ വെക്കുവാൻ അതിന് മുന്നോട്ട് ഒരു സ്റ്റെപ്പെങ്കിലും വെക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ നാം നാം അവിടെ തളർന്നു പോയാലും നമുക്കവിടെയൊരു ചെറിയ വീഴ്ച സംഭവിച്ചാലും ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞു ദൈവത്തോട് നാം അപേക്ഷിക്കുമ്പോൾ ദൈവം അത് നമ്മുടെ ആഗ്രഹത്തെ കണ്ട് പരിശുദ്ധാത്മാവെന്ന സഹായകനെ നമ്മുടെ ജീവിതത്തിൽ നൽകി അതിൽ ഒരു വിജയം നയിക്കുവാൻ വിജയമെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും നമ്മൾ കഴിഞ്ഞ കേട്ടതുപോലെ നമ്മുടെ ഹൃദയമാണ് ദൈവം നോക്കുന്നത് നമുക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് നമുക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് ഇത് ദൈവം നമ്മളിൽ നോക്കുന്നുണ്ട് ആ എവിടെയാണോ തളരുന്നത് അവിടെ തളർന്നിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ ആ തളർന്നു പോയതിനെ ഓർത്ത് ദൈവത്തോട് ദൈവമേ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു നിലവളി ഹൃദയത്തിൽ നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായിപ്പാൻ അവൻ മതിയായവനാണ് ഇന്നും പ്രിയമുള്ളവരെ അതിൽ ഒന്നാമത്തതാണ് നമ്മൾ ശ്രദ്ധയോടെ അവൻ്റെ വചനങ്ങളെ കേട്ട് അവൻ്റെ വചനങ്ങൾക്കൊത്തവണ്ണം നാം കാൽച്ചുവടുകളെ വെക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ നാം അവനെ സ്നേഹിക്കുന്നു അതോടൊപ്പം നാം ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നുവെന്നും അതിനാൽ അറിയാൻ പറ്റും രണ്ടാമത്തേത് നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് ോഹന്നാൻ പതിനഞ്ച് അവിടെ ഇപ്രകാരം പറയുന്നു കർത്താവിനോട് ചേർന്ന് നാം വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ കഴിയുമെന്ന് ആ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു യോഹന്നാൻ സുവിശേഷം പതിനഞ്ച് അതിൻ്റെ നാല് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതുന്നു എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിനു മുന്തിരി വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല അതിൻ്റെ അഞ്ചാം വാക്യം ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ ഇതൊന്നും നമ്മിൽ തനിയെ ഉണ്ടാവുകയില്ല കർത്താവിൻ്റെ സഹായവും കർത്താവിനോട് ചേർന്ന് നാം നടക്കുകയും വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ ഉണ്ടാക്കപ്പെടുന്ന ആത്മാവിൻ്റെ ഫലമാണ് ദൈവത്തിൻ്റെ സ്നേഹം പ്രിയമുള്ളവരെ ദൈവം വഴികളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക രണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കുക ഇന്ന് ഈ ലോകം മുഴുവനും ഇങ്ങനെ കൊറോണയുടെ ഒരു അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമുക്കെല്ലാവർക്കും ഒത്തിരി സമയം ദൈവം നമുക്ക് നൽകി ഒത്തിരി സമയം ഈ സമയം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിത്തീരും ഇനിയും മുമ്പിൽ ആയിരിക്കുന്ന ദിവസങ്ങളും സമയങ്ങളും നമുക്ക് കർത്താവിനോടുകൂടെ വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഫലം കർത്താവിൻ്റെ ഫലം ദൈവത്തെ ആത്മാവിന്റെ ഫലം പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും കർത്താവിനോട് ചേർന്ന് വസിക്കുമ്പോൾ ആ മുന്തിരി വള്ളിയോട് ചേർന്ന് വസിച്ചിട്ടല്ലാതെ കൊമ്പിന് തനിയെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല ആ കൊമ്പോട് ചേർന്ന് ആത്മാവിൻ്റെ ഫലം നമ്മളിൽ പുറപ്പെടുവൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ മൂന്നാമത് ലൂക്കായുടെ സുവിശേഷത്തില് നാമ ഇപ്രകാരം വായിക്കുന്നു അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം ലൂക്കായ സുവിശേഷം അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ട് നമുക്ക് വളരെ സുപരിചിതമാണ് വേദപുസ്തക ഭാഗം അവിടെ എങ്ങനെ ചോദിക്കുന്നു അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും ഇത് നമുക്ക് വളരെ സുപരിചിതമാണ് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും മുട്ടുവിനും തുറക്കും ചോതിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വചനത്തിൻ്റെ അവസാന ഭാഗമാണ് അവിടെ പറയുന്നു തൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിറയപ്പെടുവാൻ നാം ദൈവത്തോട് കൂടുതൽ യാചിക്കേണ്ടിയിരിക്കുന്നു എത്രമാത്രം ഭാരത്തോടെ നാം യാചിക്കുന്നു ഈ ഭൂമിയിൽ ഒരാവശ്യം അത് നമ്മുടെ നമ്മുടെ ഒരാവശ്യത്തിന് വേണ്ടി അത് കിട്ടുമ്പോളും നാം കൂടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ തന്നോട് യാചിക്കുന്നവർക്ക് അവൻ നന്മ എത്ര അധികമായിട്ട് നൽകും ആ നന്മ മത്തായ സുവിശേഷത്തിൽ പറയുന്ന നന്മ യോഹന്നാൻ ലൂഖാട് സുവിശേഷം പതിനൊന്നിൻ്റെ പതിമൂന്നിൽ പറയുന്നു ആ നന്മ തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും പരിശുദ്ധാത്മാവിലും വലിയൊരു നന്മയില്ല പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെ ആ ആത്മാവിന് വേണ്ടി നാം യാചിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയപ്പെടുവാൻ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമ്പോൾ മനുഷ്യർ സ്വസ്നേഹികളായിത്തീരുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം സ്നേഹം തന്നെ എന്ന് ഒന്നിയോഹൻ ഞാൻ നാലിൻ്റെ ആ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ സ്നേഹം തന്നെയാകുന്ന ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ ദിവസവും വർദ്ധിച്ചു വരേണ്ടതാണ് അങ്ങനെ നമ്മൾ വർദ്ധിച്ചു വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ലോകം സ്വസ്നേഹത്തിലേക്ക് തിരിയുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞവരായി അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് ഓരോ ദിവസവും സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കും അതേപ്രിയമുള്ളവരെ നമ്മൾ ശിഷ്യത്വത്തിലേക്കാണല്ലോ ഓരോ ദിവസവും നടക്കുന്നത് നമ്മൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടായി അത് വർദ്ധിച്ചു വരുന്നുവെങ്കിൽ തീർച്ചയായും നാം യേശുവിൻ്റെ ശിഷ്യത്വത്തിലാണ് നാം യഥാർത്ഥ ശിഷ്യരാണ് അത് തമ്മിൽ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ചോദന ചെയ്യുവാൻ ദൈവമേ എൻ്റെ സ്നേഹം സ്വസ്നേഹമാണോ അത് എന്നിൽ തന്നെ ആയിത്തീരുന്നു അതോ ദൈവത്തിൻ്റെ സ്നേഹം ആത്മാവിൻ്റെ ഫലമായ ദൈവസ്നേഹമാണോ എൻ്റെ ഉള്ളിൽ നിറയുന്നത് ആ സ്നേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് ചേർന്ന് വസിക്കുകൊണ്ട് ആ നല്ല ഫലം നമ്മളിൽ പുറപ്പെടുവാനും അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ അവനെ സ്നേഹിക്കുന്നവരായിത്തീരുവാനും ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ കൂടുതൽ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇത് എന്നെ എപ്പോഴും വെല്ലുവിളിക്കുന്നത് വേദപുസ്തക ഭാഗമാണ് എവിടെയെങ്കിലും ഹൃദയത്തിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് ആരോടെങ്കിലും ഉണ്ടായാൽ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുകയും അവിടെ ആ ദൈവസ്നേഹത്താൽ എന്നോട് അധികമായി ഇളച്ചു കിട്ടിയ ഞാൻ അല്പമായതിനെ ക്ഷമിപ്പാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ ഞാനൊരു ദൈവത്തിൻ്റെ പൈതലെന്ന് പറയുവാൻ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല അതുകൊണ്ട് ഞാനത് ക്ഷമിക്കുവാനും നിരക്കുവാനും ദൈവസ്നേഹത്തിൽ എല്ലാം ആ എല്ലാം മറന്ന് മുന്നോട്ട് പോകുവാനും ദൈവം എന്നെ ഓരോ ദിവസവും ഉത്സാഹിപ്പിക്കുകയും ഈ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നും ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ജീവിപ്പാൻ ദൈവം എന്നെ സഹായിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ഇത് നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ആ ദൈവിക വചനപ്രകാരം ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ